भगवादुम नारद तम उच यदेन सोपीद തതസ് ഊർധം വക്ഷ്യമീതിച്ചേദം ഭഗവോ അധ്യേമീർദം സമവേദം ആഥർമ്മണം ചതുഹാസപുരാണം medam pitrim പരാശം ധിം വാകോവാക്േകാ ദവിദ്യം ബ്രഹ്മവിദ്യം ഭൂതവിദ്യം ക്ഷത്രവിദ്യം നക്ഷത്രവിദ്യം സർപ്പജനവിദ്യം എദദ് ഭഗവോ അധ്യേമി സോഹം ഭഗവോ മന്ത്രവിദൈവസ് േ ശ്രുതം ഭവൃശിഭ്യോകമാതി സോഹം ഭഗവശോചാ കം മാ ഭഗവാൻ ശോകം താരയത്ഭോവാച യി അധ്യകീഷ विलोप सरदर्षि सनत्मषिये समीपदेश ഉപദേശിക്കുക ഉപദേശിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചു അധി ഹി ഭഗവൈതി മന്ത്ര സനത്കുമാരൻ യോഗീശ്വരൻ ബ്രഹ്മനിഷ്ഠം നാരദോപസന്നവാണ് സനത് കുമാരൻ യോഗീശ്വരനാണ് എന്റെ അർത്ഥമാണ് പറയുന്നത് ബ്രഹ്മനിഷ്ഠൻ യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ അനുസരിച്ച് ഉപസന്നം വാച എങ്ങനെ സമീപിച്ചു വിധിപ്രകാരം എങ്ങനെയാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കേണ്ടത് ആ നിയമങ്ങളനുസരിച്ച് ന്യായത്താന്നു വരുന്നത് വിനയം സൗശീന്യം ക്ഷമ തുടങ്ങിയ ഗുണങ്ങളോടുകൂടി അങ്ങനെ സമീപിച്ചു യഥാത്മവിഷയേ കിഞ്ചിത് വേദ്ഖ്യാപനേന മാം ഉപസീത ഇതമഹം ജാനേ തഗവോ വിജ്ഞാനാ ക്ഷാമി വ്യക്തപതി സഹോ വാസാര പറയുന്നു ശരി നീ എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ഇത് ആത്മവിഷയ ഗെഞ്ചിത്വ എന്താണ് നിനക്കറിയാമെന്നുള്ളത് ഇനി അറിയാൻ വേണ്ടിയാണല്ലോ വന്നത് എന്തറിയാം ഒരാൾ അതറിഞ്ഞിരിക്കുന്നുണ്ട് സ്വയം രെ അറിഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് അറിവേണ്ടത് അങ്ങനെ ചോദിച്ചു ഞാൻ ഇത്ര മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അതിനൊക്കെ അറിവുണ്ട് നീ എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ് പറഞ്ഞാൽ മതിയുള്ളൂ അറിഞ്ഞതിനെ വീണ്ടും ഉപദേശിക്കേണ്ട കാര്യമില്ല പിന്നത് അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ ആ അറിവിൽ എന്തൊക്കെ പോരായ്മയുണ്ടത് പരിഹരിക്കാം ന്യൂനതകൾ പരിഹരിക്കുന്നതിനും അതാവശ്യമാണ് അറിഞ്ഞിട്ടെന്തെങ്കിലും അറിഞ്ഞ രീതിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സന് കുമാരൻ പറഞ്ഞ നീ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് തദ്ഹം ഭഗവതോ വിജ്ഞാനം പക്ഷ്യാമി അത് മനസ്സിലാക്കിയിട്ട് എൻ്റെ ഇപ്പോഴത്തെ നില എന്താണ് അതാവശ്യമാണ് ഗുരുവനു ശിഷ്യൻ തന്നെ സമീപിക്കുമ്പോൾ ശിഷ്യന്റെ നില മനസ്സിലാക്കണം ശിഷ്യന്റെ നിലയ്ക്കനുസരിച്ചാണ് ഉപദേശം അത് ഞാൻ എവിടെയും സംഭവിച്ചുപതി സഹോപാച നാരദ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ സനക്കുമാരൻ എന്നെ ഞാനൊന്നറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നാരദൻ പറയുന്നതാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ യദ്വേദത്തേന മ ഉപസീത അതാണ് എന്താണോ അറിയുന്നത് അതും കൊണ്ട് എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാ നീ എന്താണോ അറിഞ്ഞിട്ടുള്ളത് അതിനെ വെളിപ്പെടുത്തുക തഥ ഊർധം പക്ഷാമി അത് കഴിഞ്ഞ് ഇനി എന്താണോ അറിയേണ്ടത് അത് ഞാൻ പറയാസമാനം പറയുന്നു അടുത്ത് വേദം ഭഗവു അധ്യയമി സ്മരാമിതി വിജ്ഞാനസി പൃഷ്ടത്വ അങ്ങ് എന്നോട് ചോദിച്ചല്ലോ എന്തൊക്കെ നീ അറിയുന്നുണ്ടെന്ന് ഞാൻ സ്മരിക്കുന്നു വേദം പൂർണമായും ഞാൻ സ്മരിക്കുന്നുണ്ട് തഥാ യജുർവേദം യജുർവേദവും അതുപോലെ തന്നെ പൂർണ്ണമായും ഞാൻ ഗ്രഹി സ്മരിക്കുന്നു സമവേദം സമവേദവും അധ്യയനം ചെയ്തു ആധർവണം ചതുർത്ഥം വേദ വേദശബ്ദസ്യ പ്രകൃതത്വ ആധർവണം സാധനത്രൈ എന്നാണ് പറയുന്നത് ഇവിടെ അതുകൂടി പ്രത്യേകം പറഞ്ഞു ധർമ്മം എന്ന് പറയുന്ന ചതുർത്ഥം മതം അറിയുന്നുണ്ട് ചതുർത്ഥം വേദം വേദശ്ദസ് പ്രകൃതിത്വം അങ്ങനെ പറയാൻ കാരണം ഋഗ്വേദം അതുകഴിഞ്ഞ് യജുർവേദം സാമവേദം മൂന്നിനും വേദശബ്ദം ഉപയോഗിച്ചു നാലാമത്തേന് ആധർവണമെന്നേ പറഞ്ഞുള്ളൂ ആധർവണം അഥർവ വേദോ എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഭാഷ്യകാലം പറയുന്നത് അത് നാലാമത്തെ വേദമാണ് ചതുർത്ഥം വേദം അല്ലാതെ ഇതിഹാസമോ പുരാണമോ സ്മൃതിയോ ഒന്നുമല്ല അതും വേദം തന്നെ എന്തുകൊണ്ട് വേദശ്ദസിടെ വേദത്തെക്കുറിച്ചായിരുന്നതിനേം പറഞ്ഞു ഒരു കേജസ്താമ മൂന്നിനെയും വേദമെന്ന് പറഞ്ഞതുകൊണ്ട് അധർവണം അധർവവും വേദം തന്നെയാണ് ഇനി ഇതിഹാസപുരാണം പഞ്ചമം വേദം ഇതിഹാസ പുരാണങ്ങള് അഞ്ചാമത്തെ വേദമായിട്ടെടുക്കാം അതിന് വേദമെന്ന് പറയുന്നതിന് ദോഷമില്ല എന്തുകൊണ്ട് വേദം അറിവാണ് ഇതിഹാസപുരാണങ്ങളിൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ തന്നെയാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ടത് പഞ്ചമ വേദമാണ് ഇനി അടുത്ത് പറയുന്നു വേദാനാം വേദം അങ്ങനെയൊന്നും എല്ലാ വേദങ്ങൾക്കും വേദമായിരിക്കുന്നു എന്താണ് ഭാരത പഞ്ചമാനാം വേദം വ്യാകരണ വ്യത്യസ്തം അഞ്ച് വേദങ്ങൾക്കും വേദമായിരിക്കുന്നത് ഭാരതം അഞ്ച് വരുന്ന വേദങ്ങൾ വേദം തുടങ്ങിയുള്ള വേദങ്ങൾ ഈ വേദങ്ങൾക്കെല്ലാം വേദമായിരിക്കുന്ന എന്താണ് വേദമാണ് അത് വ്യാകരണം എന്തുകൊണ്ടാ വേദങ്ങളുടെയും വേദം ഒരു സ്ഥാനം കൊടുത്തത് പറയുന്നു വ്യാകരണേനഹി പദാതി വിഭാഗശഹ ർഗ്വേദാദിയോ ഞായ വ്യാകരണമില്ലാതെ എങ്ങനെയെന്ന് മനസ്സിലാകും ഋർഗ്വേദാദി വേദങ്ങൾ ഒരാൾ ഗ്രഹിക്കണമെങ്കിൽ വ്യാകരണം കൂടിയേ തീരൂ കാരണം ആ പദം അതിൻ്റെ നിഷ്പത്തി ഇങ്ങനെയാണ് ആ പദത്തിൻ്റെ അർത്ഥം എന്നാണ് പദാതി വിഭാഷക ആ ഓരോ പദം വാക്യം എന്നിങ്ങനെ അതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണമെങ്കിൽ വ്യാകരണം കൂടിയേ കഴിയും വ്യാകരണം കൂടാതെ സാധിക്കും വ്യാകരണം അറിയാത്ത ഒരാൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാനേ സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ ശ്രുതി എന്ന് പറയുന്നു വ്യാകര വേദത്തിനും വേദമാണ് വ്യാകരണം വേദാനാം വേദം അങ്ങനെ പറയുന്നത് ഭാഷ്യകാരൻ പറയുന്നു അത് വ്യാകരണമാണ് അത്രയും പ്രാധാന്യമുള്ളതാണ് ഭാഷ്യകാരൻ തന്നെ പറഞ്ഞതായി പറയുന്നുണ്ടെന്നാണ് നഹി നഹി രക്ഷതിരിഞ്ഞുകരണേന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ പറയുന്നു വേദങ്ങൾക്കും വേദമാണ് വ്യാകരണവും ഭാഷ്യകാര അഭിപ്രായം മുഖ്യമായും വരുന്ന ഭാഷ്യത്തിൽ തന്നെ ഉള്ളത് പറയുന്ന യുക്തവും തന്നെ കാരണം വേദങ്ങളിൽ നിന്ന് ഭാഷ്യകാരനെങ്ങനെ ഈ അർത്ഥം കിട്ടി ഭാഷജ്ഞാനം കൂടാതെ കിട്ടത്തില്ല ഭാഷാജ്ഞാനം വ്യാകരണം ഇതാണ് അതുകൊണ്ടേ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഭാഷാന്തരത്തെ ആശ്രയിക്കേണ്ടി വരും വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള വിശദീകരണം അതും വ്യാകരണം ഞാനുള്ള അത് വിശദീകരിക്കാൻ പറ്റും അപ്പം വേദത്തിന് ജ്ഞാനമുണ്ട് പക്ഷേ വ്യാകരണം കൂടാതെ അത് പുറത്തു വരത്തില്ല അതുകൊണ്ട് അത് മുഖ്യമാണ് ഭാഷാനിയമങ്ങളറിയാതെ ഭാഷയിലൂടെ ആശയത്തെ വിജയിക്കാൻ പറ്റത്തില്ല ആശയം വെളിപ്പെട്ടിട്ടാണല്ലോ പിന്നീട് അടുത്ത് അത് ബ്രഹ്മമാണോ കർമ്മമാണോ ബ്രഹ്മജ്ഞാനമാണോ അതെ പിന്നെ കാര്യമാണ് അതുകൊണ്ട് വേദത്തിലൂടെയുള്ള ജ്ഞാനത്തിൽ അതാണ് ഉപനിഷത്തിലൂടെയുള്ള ജ്ഞാനത്തിൽ വ്യാകരണം കാര്യം ഗ്രഹിച്ച പോലെ അങ്ങനെയാണെങ്കിൽ പിന്നെ വേദം ആവശ്യമുണ്ട് അങ്ങനെ ഒരാൾക്ക് ഗ്രഹിക്കുന്നതിൽ ശേഷിയുണ്ടെങ്കിൽ ദക്ഷിണാമൂഢത്തി ഉപദേശിച്ചതുപോലെയും സനോഗാദികൾ ഗ്രഹിച്ചതുപോലെയൊക്കെ ഉപദേശിക്കാനും ഗ്രഹിക്കാനും ശേഷിയുള്ള യോഗ്യത ഉള്ളവരാണെങ്കിൽ പിന്നെ അവർക്ക് വേദവും വേണ്ട പിന്നെ വ്യാകരണത്തിൻ്റെ ആവശ്യം വേണ്ട അത്രയും യോഗ്യതയൊന്നും എത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ യോഗ്യതയുള്ള ആരാ അത്ര യോഗ്യത ഉള്ളവർക്ക് ഗുരുവായി ദക്ഷിണാമൂർത്തി തന്നെ വേണം ആ യോഗ്യത ഇല്ലാത്തവർ സാമാന്യമായി ഉള്ള ആൾക്കാർ പക്ഷികാരനെ പോലെയുള്ളവർ പോലും ആചാര്യന്മാർ പോലും ഈ വേകനത്തെ ആശ്രയിച്ചിരിക്കും ആശയത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല ആശയത്തെ സ്വയം ഗ്രഹിക്കാൻ കഴിയില്ല ആശയത്തെ മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കാൻ കഴിയില്ല തത്വനിർണ്ണയം വേഗനത്തെ കൂടാതെ സാധ്യമല്ല അതുമാത്രവുമല്ല ഉപനിഷത്തോ ഭേദമോ എല്ലാം നമ്മൾ ഭാഷാന്തരത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു വിശദീകരണങ്ങളിലൂടെ വ്യാഖ്യാനങ്ങളിലൂടെ അതിനൊരുപാട് പരിശ്രമം ആവശ്യമാണ് അങ്ങനെ മനസ്സിലാക്കുന്നത് വളരെയധികം വ്യാഖ്യാനങ്ങളും വളരെയധികം വിശദീകരണങ്ങളും അതാവശ്യമാണ് പക്ഷേ ഈ ഭാഷാ നിയമങ്ങൾക്ക് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പകുതി യത്നം വ്യാകരണത്തിൽ ചെയ്താൽ മതി അതിനും കൂടുതൽ വ്യക്തമായി ആശയം വിശദീ വിശദമാകും ഭാഷയിലൂടെ ഏതൊരു വലിയ തത്വമായാലും ശരി അതിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം ഭാഷയാണ് ഏത് ഗുരു ഏത് ശിഷ്യനെ ഉപദേശിച്ചാലും ഭാഷ ഒരു കാര്യമാണ് ടുത്ത് പറയും നാമം ശബ്ദം ഇനി ഒരാൾ ശബ്ദം പുറമേ പറഞ്ഞില്ലെന്നിരിക്കട്ടെ മാനസികമായെങ്കിലും അതായത് ചിന്ത അതെങ്കിലും കൂടിയേ തീരുന്നു കാരണം അവിടെയും ഭാഷ സങ്കല്പരൂപത്തിൽ മനോമയമായ ഭാഷ വാചികമായി വാഗേന്ദ്രിയത്തിലൂടെ ഭാഷ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളു മനസ്സും മനസ്സും തമ്മിൽ ബന്ധപ്പെടുന്നു ആശയവിനിമയം നടക്കും അതാണ് മൗനവ്യാഖ്യാനം എന്ന് പറഞ്ഞിരിക്കുന്നു വാക്കുകൊണ്ടുള്ള വ്യാഖ്യാനമില്ല വാഗ് വ്യാഖ്യാനമില്ല ശബ്ദത്തിലൂടെയുള്ള വ്യാഖ്യാനം മൗനത്തിലൂടെയുള്ള വ്യാഖ്യാനം മൗന വ്യാഖ്യാനം എന്ന് പറയുമ്പോഴാണ് വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ മനസ്സോടെ പ്രവർത്തിക്കുന്നത് വിദ്യ ഒറ്റത്തുനിന്ന് വേറിടത്തേക്ക് പകരുന്നതിനൊരു മാധ്യമം ആവശ്യമാണ് ആത്യന്തികമായത് ശബ്ദം തന്നെ ശബ്ദം പാകേന്ദ്രിയത്തിലൂടെ വരും ചിലപ്പോൾ ശബ്ദം മനോമയമായിട്ട് നിർഗമിക്കുക ഒരാളെന്ന് ശബ്ദത്തെ ആശ്രയിച്ച് ആശ്രയത്തെ വിനിമയം ചെയ്യാൻ പറ്റും ാംഗ്യത്തിലൂടെ കാണിച്ചാലും ഉപദേശിച്ചാലും അവിടെയും ഗ്രഹിക്കുന്നത് ശബ്ദാത്മകമായിട്ടായിരിക്കും ശബ്ദത്തിലൂടെ അല്ലാതെ മനസ്സിനൊന്നിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല അവിടെ ഭാഷ ആവശ്യമായി വന്നോ ഭാഷയുടെ നിയമം ആവശ്യമായിട്ട് വന്നു തത്വഗ്രഹണത്തിന് അത് രണ്ടും രണ്ടാണ് തത്വബോധത്തിനും ഭാഷ ആവശ്യമാണ് കേവലം മാനസിക വികാരങ്ങളെ സംക്രമിപ്പിക്കുന്നതിന് ഭാഷയുടെ ആവശ്യമാണ് അത് കൂടാതെ സാധിക്കും പക്ഷെ തത്വബോധം ഇവിടെ അതാണ് മറ്റേതെങ്കിലും തരത്തിലുള്ള അനുഭവത്തെക്കുറിച്ചല്ല പറയുന്നു തത്ത് ബോധത്തിന് ഭാഷയെ ആശ്രയിച്ച പറ്റും ഭാഷയെ ആശ്രയിച്ച വ്യാകരണം കൂടിയിരിക്കുന്നു അതുകൊണ്ട് നിമിഷത്തെ എല്ലാം ശരിക്കും നേരിട്ട് മനസ്സിലാക്കണമെന്നുള്ളവർ വ്യാകരണത്തിൽ കുറച്ച് പ്രയത്നം ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് വഴിയെങ്കിൽ തത്വനിർണ്ണയമാണ് വഴിയെങ്കിൽ അത് നല്ലതാണ് മരിച്ചാണെങ്കിൽ കൂടുതൽ പ്രയത്നം വേണ്ടി വരും അത് അങ്ങനെയുണ്ട് ഭാഷയിലൂടെ ആ തത്വത്തിൽ എത്തിച്ചേരാൻ അതുകൊണ്ടല്ലേ ശ്രുതി പ്രമാണം ഇവിടെ തത്തുമസി എന്ന് പറയുന്ന ഉപദേശത്തേക്കാൾ വലിയ ഒന്നിനെയും ആത്മബോധത്തിന് പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട് ആ ഉപദേശമാണ് ശബ്ദമാണ് ഏറ്റവും പ്രധാനമായി സ്വീകരിച്ചിരിക്കുന്നത് അദ്വീതത്തിൽ വിശേഷിച്ച് പറയുന്നതാണ് മുഖ്യമായ പ്രമാണ ശബ്ദമാണ് അത് ഗുരു പറഞ്ഞാലും ശരി വേദം പറഞ്ഞാലും ശരി ശബ്ദമാണ് മുഖ്യപ്ര ശബ്ദത്തിലൂടെ ഇത് ഗ്രഹിക്കണം ശബ്ദത്തിലൂടെ ഗ്രഹിക്കണമെങ്കിൽ അർത്ഥജ്ഞാനം ഇല്ലാതെ ഗ്രഹിക്കണം അർത്ഥാനം പോരാ പക്ഷെ അതില്ലാതെ ഗ്രഹിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് അദ്വൈത വിചാരത്തിൽ ശ്രവണ മനനാദികളെന്ന് പറയുന്നേ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ വേദാനാം വേദം പിത്രിയും ശ്രാദ്ധകൽപ്പം ശ്രാദ്ധകൽപ്പശാസ്ത്രം ശ്രാദ്ധത്തെ കുറിച്ചും മറ്റും പറയുന്ന രാശി ഗണിതം ഗണിതശാസ്ത്രം നാനാശാസ്ത്രം കൊണ്ടല്ലോ ആനന്ദശാസ്ത്രം ദൈവം ഉത്പാദജ്ഞാനം ലക്ഷണം കണ്ടിട്ട് പറയുക ജ്യോതിഷം പോലെ അതിനൊരു ശാസ്ത്രമുണ്ട് പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങളെ പ്രവചിക്കുക വ്യക്തികൾക്ക് വരുന്ന ദോഷങ്ങളെ പറയുക ഇതൊക്കെ ഒരു ജ്ഞാനമാണ് ദൈവജ്ഞാനം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്നതിനും ചില വിദ്യകളൊക്കെ ഉണ്ട് ൊരു അപകടം വരാൻ പോകുന്നു ദോഷം വരാൻ പോകുന്നു ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാം പുരാണങ്ങളിലും മറ്റും പറയും ആപത്ത് വരുമ്പോ എന്തായിരിക്കും ലക്ഷണങ്ങൾ മനുഷ്യനെ കാണുന്ന ലക്ഷണങ്ങൾ മരണം വരുമ്പോ എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ രോഗം വരാൻ പോകുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് ശാസ്ത്രം നിധി മഹാകാലാതി നിധിശാസ്ത്രം നിധിശാസ്ത്രം അതിനോണ്ട് ശാസ്ത്രം നിധിയെ കണ്ടുപിടിക്കുന്നു എടുക്കുന്നത് എവിടെയാണെന്നറിയാം കാരണം നിധി എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന സാധാരണ രീതി ബുദ്ധിയോണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഒളിഞ്ഞിരിക്കുന്ന എങ്ങനെ ഗ്രഹിക്കും അത് മനസ്സിലാക്കി തരുന്ന ശാസ്ത്രമുണ്ട് വാഗോവാക്യം തർക്കശാസ്ത്രം അതുണ്ട് ർക്കശാസ്ത്രം വിചാരക്ഷമത വർദ്ധിപ്പിക്കുന്നത് ബുദ്ധിയെ സൂക്ഷ്മമാക്കുന്നത് ബുദ്ധിയെ മനസ്സിനെ ചിന്തിക്കാൻ പര്യാപ്തമാക്കുന്നു തർക്കശാസ്ത്രങ്ങൾ ഏകായനം നീതിശാസ്ത്രം ലോകനീതിയെ കുറിച്ച് പറയും ദണ്ഡനീതി തുടങ്ങിയ നീതി രാജാക്കന്മാർക്കും മറ്റും ആവശ്യമുള്ളതാണ് നിരുതം അതും ദൈവവിദ്യ വേദവിദ്യ എന്നുള്ള അർത്ഥത്തിലാണ് വേദ താല്പര്യത്തെ വ്യാകരണം തന്നെയാണ് കൂടെ നിരുക്തം നിഖണ്ടു അത് വൈദിക ശ്രദ്ധകളുടെ അർത്ഥം അതെങ്ങനെ നിഷ്പന്നമാകുന്നു ഏത് സന്ദർഭത്തിൽ ഏതർത്ഥം പ്രയു ഗ്രഹിക്കുന്നു ഇത്തരം കാര്യങ്ങൾ പറയുന്നു പിന്നെ പറയുന്നു ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോ ആത്മവിദ്യ പറയുന്നത് ബ്രഹ്മവിദ്യ പറഞ്ഞാൽ ബ്രഹ്മോന്നിച്ച വേദം വേദവിദ്യ എങ്ങനെയാ ഇർഗജുസ്സാമാഖ്യസ്സാമ രൂപത്തിലുള്ള ഈ വേദം കൊണ്ട് വിദ്യ എന്താണത് ശിക്ഷ ശിക്ഷയിൽ പ്രധാനമായിട്ടും ഭേദ എങ്ങനെ ചൊല്ലണം ശബ്ദങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥാനങ്ങൾ എന്താണ് അതിൻ്റെ പ്രയത്നം എന്താണ് എങ്ങനെ ഉച്ചരിക്കണം ഉദാത്തനാത്ത സ്വരിത ഭേദങ്ങൾ എങ്ങനെ അതിൽ വരുന്ന മറ്റ് ഭേദങ്ങൾ എങ്ങനെ അതാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ശിക്ഷാ കല്പം കർമ്മവിധാനങ്ങളെ കുറിച്ച് ഛന്ദസ് ൃഹതി തുടങ്ങി ഛന്ദസ്സുകളെ കുറിച്ച് പറയുന്നു ചിത്യ യാഗത്തിൽ വേദി തയ്യാറാക്കുന്ന എങ്ങനെയാണ് തുടങ്ങി ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു അഗ്നി ചേനം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു എങ്ങനെ അവിടെ ഇഷ്ടിക ഉണ്ടാക്കണം എങ്ങനെ ഇഷ്ടിക അടുക്കണം ഏത് രൂപത്തിലായിരിക്കണം ഏതാകൃതിയിലായിരിക്കണം ഭൂതവിദ്യ ഭൂതന്ത്രം ഭൂതശാസ്ത്രം ഭൂതങ്ങളെ കുറിച്ച് പറയുന്ന വിദ്യയുണ്ട് ഭൂതപ്രേതഭിശാലയൊക്കെ മനസ്സിലാക്കത്തരാണുള്ളത് അവരുടെയൊക്കെ ഏതൊക്കെ ജാതിയിൽപ്പെട്ടതാണ് എന്തൊക്കെയാണ് അവരുടെ ജോലി അവരേത് ലോകത്ത് കഴിയുന്നു അവരെന്തൊക്കെ ചെയ്യുന്നു ക്ഷത്രവിദ്യ ക്ഷത്രിന്റെ വിദ്യ എന്ന് പറഞ്ഞാൽ ധനുർവേദം അത് നക്ഷത്ര വിദ്യാം ജ്യോതിഷം ജ്യോതിസുകൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മറ്റും അവയുടെ സഞ്ചാരം ചലനം തുടങ്ങിയ കാര്യങ്ങൾ ഗ്രഹണവും മറ്റും മനസ്സിലാക്കുന്നതിന് അത് സൂര്യന്റെ മറ്റും ഗതി വെച്ച് കാലവ്യത്യാസം മനസ്സിലാക്കുന്നതാണ് സർപ്പദേവജനവിദ്യ സർപ്പവിദ്യാരുടം വിഷവൈദ്യം സർപ്പവിദ്യ സർപ്പങ്ങൾ ഏതെല്ലാം അന്തരത്തിലുണ്ട് അതിന്റെ പ്രവൃത്തികൾ അത് സർപ്പധംശം ഉണ്ടായാലോ പ്രതിവിധി ദേവജനവിദ്യ ഗന്ധയുക്തി നൃത്യഗീതവാദ്യ ശില്പാദി വിജ്ഞാനി ദേവജനവിദ്യ എന്ന് പറയുന്നു ഗന്ധയുക്തി പറയുന്നു ഗന്ധം എന്ന് പറഞ്ഞാൽ പെർഫ്യൂംസ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് അതിന്റെ വിദ്യകളല്ല അത്ര എങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള വിദ്യകൾ എന്ന് വെച്ചാൽ നാനാ തരത്തിലുള്ള വിദ്യകൾ നൃത്യം ഗീതം പിന്നെ വാദ്യങ്ങൾ ശില്പാതി വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പാചകകല ഉൾപ്പെടെയുള്ള സർവ്വ സർവ്വവിജ്ഞാനം ശില്പാതി വിജ്ഞാനത്തിൽ അതെന്താ ഞാൻ അറിയാൻ വയ്യാത്ത ഒന്നു ശേഷിക്കുന്നുണ്ട് ഇനി എന്താ അറിയേണ്ടത് ഏത് സർവം ഹേ ഭഗവോ സർവത് ഞാൻ മനസ്സിലാക്കി നാല് വേദവും സർവ ഇതിഹാസ പുരാണവും എല്ലാം പറഞ്ഞത് ഇനി എന്താ ശേഷിക്കുന്നു സർവവിദ്യകളും ഞാൻ മനസിലാക്കി എന്നിട്ട് പറയുന്നു സൗഹം ഭഗവ എത്ര ജാനി മന്ത്ര ശബ്ദമാത്രോക്ഷേം പഠിച്ചിട്ട് എന്താ ഗുണമുണ്ടായത് പഠിച്ചാലും തീരാത്ത ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് ഒരു ഗുണമുണ്ടാവും മറ്റുള്ളവർ മറ്റുള്ളവർ അത്ഭുതപ്പെടുമ്പോൾ സർവജ്ഞനാണ് സർവകലാബന്ധനാണ് മറ്റുള്ളവരെ ബഹുമാനിക്കും ആദരിക്കും എന്താ അറിയാമയ്യാൾ അയാളുടെ ബുദ്ധി വൈഭവത്തെ പ്പോഴത്തും അതെല്ലാം സംഭവിക്കും ഏത് സർവജാനൻ നവി മന്ത്രവിദേവ പക്ഷെ എന്നെ സംബന്ധിച്ചാൽ കേവലം മന്ത്രവിത്തു വെച്ചാൽ എന്താണ് ശബ്ദാർത്ഥ മാത്രവിജ്ഞാനവാനേവ അസ്മി കേവലം ശബ്ദാർത്ഥ വിജ്ഞാനം അത് മാത്രമേ ഉള്ളൂ മന്ത്രം പഠിക്കുകയും അർത്ഥം അറിയാതിരിക്കുകയും ചെയ്യുന്നല്ല മന്ത്രം അർത്ഥസഹിതമായി തന്നെയാണ് പഠിച്ചത് മന്ത്രം അർത്ഥസഹിതമായി പഠിച്ചെങ്കിൽ തത്ത്വസിയും പഠിച്ചിരിക്കുന്നുണ്ട് തത്വമസിൽ നിന്ന് സത്വമസി എന്നുള്ളതും ഗ്രഹിച്ചിരിക്കും എന്താ പ്രശ്നം പിന്നെ കേവലം മന്ത്രവിത്തം എന്ന് എന്തുകൊണ്ട് പറയുന്നു കാരണം ഇവിടെ പറഞ്ഞു മന്ത്രം അർത്ഥസഹിതം പഠിച്ചു എന്നാണ് സർവോ വിശബ്ദോ അഭിധാനം മാത്രം അഭിധാനം വിസ്രവം മന്ത്രേഷന്ത്രഭൂതി ഈ ശബ്ദങ്ങളെല്ലാം തന്നെ അഭിദാനമാണ് എന്നുവെച്ചാൽ ഓരോരോ അർത്ഥത്തെ കുറിക്കുന്നതാണ് ആ ശബ്ദങ്ങളെല്ലാം മന്ത്രത്തിൽ അന്തർഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ വിദ്യകളെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉപനിഷത്ത് പഠിച്ചു വേദം പഠിച്ചു പറഞ്ഞാൽ കുറെ ശബ്ദത്തെ സ്മരണി സൂക്ഷിക്കുക അത്രയും അത്തുമസി ആയാലും ശരി അഹം ബ്രഹ്മസി ആയാലും ശരി കുറെ ശബ്ദങ്ങൾ ഓർമ്മ സൂക്ഷിക്കുക എന്താണ് ആ ശബ്ദമെന്ന് ചോദിച്ചാൽ എന്റെ അർത്ഥം അറിഞ്ഞെന്ന് വരാം അറിഞ്ഞില്ലെന്നും വരാം അർത്ഥം അറിഞ്ഞാലും ശരി നമ്മുടെ ഈ അറിവെന്ന് പറയുന്നത് കേവലം ശബ്ദജ്ഞാനമാണ് മന്ത്രവിദ് ശബ്ദജ്ഞാനത്തിന്റെ നിലയിലേ നിൽക്കുന്നുള്ളു വേദാധ്യയനം പോലും അതാ ഇവിടെ പറഞ്ഞു കൂടുതൽ ശബ്ദങ്ങൾ കയ്യിലുള്ളവനെ കൂടുതൽ പഠിച്ചവനെന്ന് പറയും കുറച്ച് ശബ്ദം കയ്യിലുള്ളവനെ കുറച്ച് പഠിച്ചവനെന്ന് പറയും പഠനത്തിലൂടെ നേടുന്ന എന്താണ് കേവലം ശബ്ദം ശബ്ദജ്ഞാന അതിൽ ആ ശബ്ദം തന്നെ അർത്ഥത്തോടു കൂടിയാണോ വേദത്തെ സംബന്ധിച്ചാണെങ്കിൽ വേദത്തിൻ്റെ ഭൂരിഭാഗവും കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഉപനിഷത് ഭാഗം വളരെ കുറച്ചു വേദത്തെ അധ്യയനം ചെയ്യുന്നവൻ ശബ്ദവും അർത്ഥവും ഗ്രഹിക്കുകയാണെങ്കിൽ അവൻ കൂടുതലും ഗ്രഹിക്കുന്നതിനെ കുറിച്ചായിരിക്കും കർമ്മത്തെക്കുറിച്ചായിരിക്കും അതുകൊണ്ട് പറയുന്നു മന്ത്രവിത്ത് കർമ്മവിത്ത് മന്ത്രവിത്ത് കർമ്മവിത്ത് ചോദിക്കും വേദം പഠിക്കുമ്പോൾ വിഷത്വം പഠിക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് ആത്മതത്വത്തെയും ഗ്രഹിക്കണമല്ലോ പിന്നെ കർമ്മവിത്ത് എന്നിങ്ങനെ പറയാൻ പറ്റും മന്ത്രേഷ കർമ്മമാണ് ഇതിഹി പക്ഷേ മന്ത്രത്തിൽ മുഖ്യമായും ചർച്ച ചെയ്യുന്നത് കർമ്മങ്ങളെ കുറിച്ചാണ് പൂർവകാന്ഡമാണ് ബൃഹത്തായിട്ടുള്ളത് സ്വസ്വരൂപത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ കുറച്ച് ഭാഗങ്ങളുള്ളൂ അഹംബരം മസീദ് എല്ലാമേ ഉള്ളൂ പിന്നെ ഉണ്ടെങ്കിൽ കുറിച്ചാണ് അത് അർത്ഥസഹിതം മനസ്സിലാക്കിയിട്ടും മന്ത്രവിത്ത് കർമ്മവിത്തെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഭൂരിപക്ഷവും കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് മന്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ വഴികളെല്ലാം മനസ്സിലാവും എന്തറിയില്ല പക്ഷെ ആത്മവിത്തല്ല വേദ അധ്യയനം ചെയ്തിട്ടും ശബ്ദവിത്തായി ആത്മവിത്തായില്ല ശബ്ദത്തെ ഗ്രഹിക്കുന്നവനും സ്മരിക്കുന്നവനുമായി ആത്മാവിനെ ഗ്രഹിക്കുന്നവനായില്ല ഇതാണ് ഈ അധ്യയനത്തിന് വരുന്ന ഒരു തകരാറ് വേദാധ്യയനും ഉപനിഷത്ത് അധ്യയനം ശബ്ദജ്ഞാനം ഉണ്ടാവും ഒരു പടിപടി കിടന്ന അർത്ഥജ്ഞാനവും ഉണ്ടാവും പക്ഷേ ആത്മവിത്താകത്തിൽ എന്താ അങ്ങനെ പറയാൻ കാരണം ആത്മാവി മന്ത്രി ഹി പ്രകാശിദേവീത് കഥം മന്ത്രപിച്ഛ എന്ന് ആത്മവി ഈ മന്ത്രങ്ങളിൽ പൂർവകാന്ഡം പോട്ടെ ഇവിടെ പറയുന്ന ഈ ഉപനിഷത് ഭാഗത്ത് ഈ മന്ത്രങ്ങളെല്ലാം ആത്മാവി മന്ത്രി ഹി പ്രകാശിതേ അവിടെയെല്ലാം ആത്മാവിനെ വെളിപ്പെടുത്തുകയാണല്ലോ കഥ മന്ത്രവിച്ച് ആത്മവി മന്ത്രത്തെ എല്ലാം അറിഞ്ഞു ഈശാവാസി ഉപനിഷത്ത് പഠിച്ചു പക്ഷെ ആത്മാവിനെ അറിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും ഈശാവാസ വിധം സർവം ചതോഗ്യം പഠിച്ചു അവിടെ സത്വന്തെന്ന് അറിയുന്നില്ല എന്നിങ്ങനെ പറയാൻ പറ്റും തത്തുമസി സതുത്വമസി എന്ന് ഉപദേശിക്കുന്നു അതുകൊണ്ട് മന്ത്രവിച്ഛെന്ന ആത്മവിത്ത് മന്ത്രവിത്താണ് ആത്മവിത്തല്ല എന്ന് പറയുന്നത് എങ്ങനെ കാരണം മന്ത്രാർത്ഥമാണല്ലോ ആത്മാവ് പറയുന്നു ശരിയല്ല അഭിദാന അഭിധേയ ഭേദസി വികാരത്വ ശബ്ദം അഭിദാനം അർത്ഥം അഭിധേയം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഇത് പുസ്തകം ശബ്ദം ആ ശബ്ദത്തിന്റെ അർത്ഥമാണ് പുസ്തകം എന്ന് പറയുന്ന വസ്തു ഇതാണ് അഭിദാന അവിധേയ ഭേദം ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെ അഭിദാന അവിധേയ ഭേദമാണ് പ്രപഞ്ച നാനാത്വം എന്ന് പറയുന്നതാണ് ഭേദവും എന്ന് പറയുന്നത് അത് തന്നെ സർവത്തെയും ശബ്ദത്തിലൂടെ ആഗ്രഹിക്കുന്നു സർവത്തെയും ശബ്ദാർത്ഥമായി ഗ്രഹിക്കുന്നു അതല്ലേ എല്ലാത്തിനെയും നമ്മൾ ഗ്രഹിക്കുന്നത് ശബ്ദാർത്ഥമായിട്ടാണ് എന്താ ശബ്ദം കൂടാതെ ആരെങ്കിലും എന്തിനെങ്കിലും ഇവിടെ ഗ്രഹിച്ചിട്ടുണ്ടോ ആന്തരികമായി അനുഭവിക്കുന്ന വിഷയങ്ങളെപ്പോലും ശബ്ദാത്മകമായിട്ട് അറിയുന്നു സുഖം അനുഭവിക്കാൻ പറ്റും ഞാൻ പറയുന്നു ഞാൻ സുഖത്തെ അനുഭവിക്കുന്നു എൻ്റെ അനുഭവത്തിൽ സുഖമുണ്ട് സുഖം എന്നുള്ള അനുഭവം പോലും ശബ്ദാത്മകമായിട്ടാണ് വിളിയുന്നു നിങ്ങൾക്ക് എന്തിന്റെ അനുഭവം പറയുന്നു സുഖാനുഭവം എന്തിന്റെ അനുഭവം പറയും ദുഃഖാനുഭവം ആന്തരികമായി അനുഭവപ്പെടുന്ന വികാരങ്ങൾ പോലും ശബ്ദാർത്ഥ രൂപത്തിൽ അനുഭവപ്പെടുന്നു എന്താ അസുഖത്തെ ഞാൻ അറിയുന്നു പക്ഷേ ആ സുഖ എന്നുള്ള അറിവിന് ശബ്ദമില്ല അങ്ങനെ വരുമോ അങ്ങനെ സംഭവിക്കുന്നു ശബ്ദം മാറാം സംസ്കൃതമോ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ ആറാം പക്ഷെ സുഖം എന്നുള്ള അനുഭവം ഒരു ശബ്ദത്തെ പിന്തുടരുന്നതാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെയല്ല എനിക്കങ്ങനെ ഒരു ആനന്ദത്തിന്റെ ലഹരി പക്ഷെ എനിക്കതിനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യോ വാക്കുകൾ അപര്യാപ്തമാണോ അങ്ങനെ പറയുന്നിടത്തുണ്ടോ ശബ്ദം ഉണ്ട് കാരണം ഏത് ശബ്ദം കൊണ്ടാണോ സാധാരണഗതിയിൽ അതിനെ പ്രകടമാക്കുന്നത് ആ ശബ്ദം അതിനെ പൂർണ്ണമായും പ്രകടമാക്കുന്നതിന് പര്യാപ്തമല്ല എന്നേയുള്ളൂ സുഖത്തിന്റെ ആധിക്യത്തിൽ തോന്നുന്നു സുഖം എന്ന് പറയുന്ന ശബ്ദം ഇതിനെ വെളിപ്പെടുത്തുന്നതിന് പര്യാപ്തമല്ല എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്ന ശബ്ദങ്ങളിലൂടെയാണ് കാണുന്നത് ആ ശബ്ദങ്ങളിലൂടെ എല്ലാം ആ അർത്ഥത്തിന്റെ മഹത്വത്തെ കാണിക്കുന്നു പറയുന്ന സുഖമെന്നുള്ള ശബ്ദം കൊണ്ട് ആ സുഖത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല അത്രമാത്രം ശ്രേഷ്ഠമാണ് മഹത്വമാണെന്ന് പറയുമ്പോഴും അവിടെ ശബ്ദം തന്നെ പറയുന്നു അസുഖം എന്ന് പറയുന്ന ഒരു ശബ്ദം പോരാതെ വന്നതുകൊണ്ട് നാനാ ശബ്ദങ്ങളിലൂടെ തന്നെ വർണ്ണിക്കുന്നു ഏത് അതീന്തിരിയമായ അനുഭവം എന്ന് പറഞ്ഞതിന് ശേഷം അത് മനസ്സിലൂടെ വാക്കിലൂടെ പ്രകാശിക്കണമെങ്കിൽ ശബ്ദത്തെ ആശ്രയിച്ചു തരും അല്ലെങ്കിൽ ഏതുപോലെ ഇരിക്കും പോലെ നമ്മുടെ ശബ്ദവുമില്ല ശബ്ദത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരർത്ഥവുമില്ല രണ്ടുമില്ല ശബ്ദം പ്രവർത്തിക്കുന്നില്ല മറിച്ചാണെങ്കിലോ ഏത് അനുഭവത്തിനും അനുഭവം സാക്ഷാത്കാരം അപരോക്ഷത സർവത്ര ശബ്ദവും പക്ഷേ പറയുന്നു ഈ ശബ്ദ അർത്ഥവും അഭിദാന അഭിഥേയ ഭേദവും തൊഴില സർവവും വികാരമാണ് ഇതെന്റെ പരമാർത്ഥം ഒരാള് പറയുന്നു ഞാൻ വളരെ പരിശ്രമിച്ച് സമാധിയും നേടി സവികല്പ സമാധി അപ്പോ ആ സമാധിയെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം അവർണനീയം എന്ന് വർണ്ണിക്കുന്നതിൽ സമാധിയുണ്ട് അങ്ങനെ വർണ്ണനീയമല്ല അവർണ്ണനീയം എന്ന് പറഞ്ഞ് വർണ്ണിക്കുന്നു ശബ്ദാർത്ഥമായി ഏതു ഭാഗം വരുമ്പോ വരെ വരുമോ അതെല്ലാം വികാരമാണ് പരമാർത്ഥമല്ല എന്തുകൊണ്ട് അഭിദാന അവിധേയ തലം കാര്യമാണ് വൈകാരികമാണ് സമാധി നമ്മൾ ഉണ്ടാക്കിയല്ലേ ഉണ്ടായിരുന്നെല്ലാം ആത്മസ്വരൂപമായ സമാധി ഒഴികെ ഉള്ള എല്ലാ സമാധികളും സൃഷ്ടിച്ചെടുക്കുന്നതാണ് മനസ്സിന്റെ സൃഷ്ടിയാണ് അങ്ങനെ അങ്ങേയറ്റത്തുള്ള വാഗ് മനസ്സുകൾക്ക് അതീതമെന്ന് കരുതുന്ന സമാധി വരെയുള്ള അനുഭവങ്ങളെ ചിന്തിച്ചാലും ശരി ചിന്തിച്ചാലും ശരിയല്ല എന്താണ് വികാരമാണ് എന്നുവെച്ചാൽ വികാരാത്മാരി പറയും ആത്മാ വികാരമല്ല ലഭിക്കാരുടെ രൂപത്തിൽ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എന്താണ് അത് രൂപത്തിൽ ഗ്രഹിക്കാവുന്ന ഒന്നല്ല ശബ്ദാർത്ഥ രൂപത്തിൽ ഗ്രഹിക്കാവുന്ന ഒന്നല്ല പറയുന്നുണ്ടോ ആത്മാശബ്ദേന അഭിജിത അതങ്ങനെ പറയാൻ പറ്റും കാരണം ആത്മാ നിരന്തരം പറയുന്നതാണ് ആത്മാവ് ബ്രഹ്മം ഈ ശബ്ദത്തിലൂടെ ആത്മാവിനെയാണല്ലോ ഗ്രഹിക്കുന്നത് ശ്രുതി ബോധിപ്പിക്കുന്നതല്ല സത്വം മസി ആത്മാവിനെ ബോധിപ്പിക്കുകയാണ് ശബ്ദം ഉപയോഗിക്കുന്നത് ശബ്ദത്തിലൂടെ ആത്മാവിനെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുകൊണ്ട് പറഞ്ഞു ആത്മശബ്ദം അല്ലെങ്കിൽ പിന്നെ ആത്മശബ്ദത്തിന് എന്താ ഉപയോഗം ആത്മശബ്ദം കൊണ്ടെന്താ പ്രയോജനം അത് പറയാതിരിക്കും എന്തിനു പറയുന്നു അതിലൂടെ അതിനൊരു അർത്ഥം ഉണ്ടായിട്ടാണല്ലോ പറയുന്നത് അപ്പൊ ആത്മശബ്ദം കൊണ്ട് ആത്മാവെന്ന് ഒരു തത്വത്തെ പ്രകാശിപ്പിക്കുന്നെന്ന് പറഞ്ഞാലോ എന്നാ അത് ശരിയുണ്ടോ ഒരു ശബ്ദത്തിന് ഇതിനെ പ്രകാശിപ്പിക്കാൻ എല്ലാ ശബ്ദവും മനസ്സിന്റെ ചിന്തയുടെ തലത്തിലേ അതിനതീതമായി ശബ്ദങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമല്ല യത്തോ വാച്ചോ നിവർത്തന്ദേശ്യ ശ്രുതി എന്ന് പറയും അവിടെയൊന്നും വാക്ക നിവർത്തിക്കുന്നു വാക്കിനെ എത്തി നോക്കാൻ കഴിയില്ല എത്ര നാണ്യത് പശ്യതി നാണ്യ ശ്രമോതി സഭൂമാ അടുത്ത് പറയും അവിടെ മറ്റൊന്നും കാണുന്നില്ല മറ്റൊന്നും കേൾക്കുന്നില്ല അത് ഭൂമാവാണ് എന്ന് പറയുന്നു അപ്പൊ ശബ്ദത്തിലൂടെ ഈ ആത്മാവിനെ വെളിപ്പെടുത്താൻ വയ്യ ആത്മാവെന്നോ ബ്രഹ്മം വന്നോ എന്ന് പറയുന്ന ഒരു ശബ്ദങ്ങളും ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നില്ല കഥി ആത്മീവാദി ശബ്ദം പ്രത്യേക സാത്മാമതി ആത്മീയവാദസ്ഥാത് പുരസ്ഥാത് പശ്ചാത് ഇവിടെയെല്ലാം ആത്മശബ്ദം പറയുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഗ്രഹിക്കുന്നത് ആത്മാവ് എന്ന് പറയുന്ന ഒന്നുകൊണ്ട് ശരീരത്തിൽ നിന്ന് അതിരക്തമായി ശരീരത്തിന് സാക്ഷിയായി ബുദ്ധിക്ക് സാക്ഷിയായി അല്ലെങ്കിൽ സർവാത്മകമായി ഇങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ആത്മശബ്ദത്തിലൂടെ ആഗ്രഹിക്കുന്നത് പിന്നെ ആത്മശബ്ദം ഇങ്ങനെ ബോധിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്നതിനൊക്കെ എന്താ അർത്ഥം ഒരു ശബ്ദവും ബോധിപ്പിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ശ്രുതിയുടെ ആവശ്യം എന്തോന്നു ഗുരുവിന്റെ ആവശ്യം എന്തോ ഉപദേശത്തിന്റെ ആവശ്യം തോന്നുന്നു ഇതൊന്നും ആവശ്യമില്ലാത്തതായിത്തീര് ശബ്ദത്തിലൂടെ ബോധിക്കാൻ സാധ്യമല്ല ഇതെല്ലാം ശബ്ദമാണ് ഗുരുപദേശമായ ശരി ശാസ്ത്രമായാലും ശരി ശബ്ദമാണ് ശബ്ദത്തിലൂടെ ബോധിക്കില്ല എന്ന് പറയുകയും ശബ്ദത്തെ ബോധിക്കാൻ വേണ്ടി ആശ്രയിക്കുകയും ചെയ്യണം പരസ്പര വിരുദ്ധമായ കാര്യമാണ് പറയുന്ന ദോഷം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പക്ഷെ ഇവിടാത്തൊരു ദോഷമേ അല്ല എന്തുകൊണ്ട് ദേഹവതി പ്രത്യേകാത്മനെ ഭേദഭുഷയെ പ്രയുജ്യമായ ശബ്ദോ ദേഹാദീനാം ആത്മത്യ പ്രത്യാഖ്യായമാനി തത് പരിശിഷ്ടം അവാച്യമതിപ്രത്യാ പ്രത്യായ ദേഹവതി പ്രത്യേകാത്മനി ഭേദ വിഷയ പ്രയോഗിച്ച് മനസ്സിലാവത്മാ എവിടെ പ്രയോഗിച്ചു ഈ ശരീരം ഈ ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒന്ന് ജീവൻ ദേഹവതി പ്രത്യേകാത്മനി അതെങ്ങനെ അറിയുന്നു ഞാൻ എൻ്റെ ജീവൻ അന്യൻ രാമൻ കൃഷ്ണൻ കേശവൻ ഇങ്ങനെ നാനാ തരത്തിൽ അറിയുന്നു അങ്ങനെ ആണ് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് നീ ആത്മാവാണോ ഞാൻ ആത്മാവാണ് അന്യൻ ആത്മാവാണോ ഇവിടെയെല്ലാം ഭേദത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഞാൻ അന്യനെന്ന് പറയുന്നത് അങ്ങനെ പ്രയോഗിക്കുന്ന ആ ശബ്ദത്തെ ദേഹാദീനം ആത്മത്തെ പ്രത്യാഖ്യമാനി അപ്പം അതിലൂടെ നമ്മൾ ഗ്രഹിക്കുന്ന ആത്യന്തികമായിട്ട് നീ ആത്മാവാണെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണെന്ന് ധരിക്കും ഇത്രയുള്ളൂ ജനിച്ചു വളർന്ന് ഇപ്പൊ ഇത്രയും പ്രായമായി ഇന്നതെല്ലാം ചെയ്തു ഇന്ന സാധനങ്ങളെല്ലാം ചെയ്തു ഇന്നതെല്ലാം അറിഞ്ഞ ഞാൻ ആത്മാവാണ് ഇങ്ങനല്ലേ ധനിക്കുന്നുള്ളൂ പക്ഷെ ദേഹാദീനാത്മത്തെ പ്രത്യാഖ്യായമാണ് വിഷയനൊന്നു ശരി പ്രത്യേകാത്മാക ശബ്ദങ്ങൾ എവിടെയാണോ നിനക്ക് ഇപ്പോൾ ആത്മത്വഭ്രമമുള്ളത് അതിനെ നിഷേധിച്ചിട്ട് യത് പരിശിഷ്ടം സത് ശേഷിക്കുന്ന സത് അതെന്താ ആ ശേഷിക്കുന്ന സത് എന്ന വാച്യം പറയാൻ പറ്റില്ല അതിനെ ബാഗർത്ഥമായി ഗ്രഹിക്കാം പ്രതീക്ഷിക്കരുത് ആണ് സത്സംഗത്തിലൂടെ ഗ്രഹിക്കാം ഗുരു പറയുന്നതിലൂടെ ഗ്രഹിക്കാം അങ്ങനെ കരുതരുത് സാധ്യമല്ല എങ്ങനെ വാഗർത്ഥമായി ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാ ശബ്ദത്തിന്റെ പരിമിതിയാണ് മറിച്ച് എങ്ങനെ ഗ്രഹിക്കാം അവാച്യമായി ആത്മാ എന്ന് പറയുന്നു താൻ ബോധിക്കുന്നു ആത്മാ ഞാൻ ആത്മാവാണ് എവിടെ തന്നാ ബോധം ഈ ശരീരത്തിൽ വന്നു ആർക്കാ കഴിയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ വിട്ടിട്ട് ഈ രൂപത്തെ വിട്ടിട്ട് ഈ അവസ്ഥയെ വിട്ടിട്ട് ഈ ധർമ്മങ്ങളെ വിട്ടിട്ട് മാനസികമായും ശാരീരികമായും ഉള്ള ധർമ്മങ്ങളെ വിട്ടിട്ട് ഞാൻ എന്ന്ഗ്രഹിക്കാൻ ആർക്ക് കഴിയും ഇതിനോട് കൂടിക്കരടുന്നേ ഞാനെന്നുള്ളത് വരുന്നുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൈഷമ്യം പക്ഷേ ഇവിടെ പ്രത്യേകാത്മാവ് എന്ന് പറയുമ്പോൾ ആ ശബ്ദം കാര്യം ചെയ്യുന്നുണ്ട് ഇതിന് നിഷേധിക്കേണ്ടതിനെ നിഷേധിച്ചുകൊണ്ടുപോയി ശേഷിക്കുന്നതിനെ ബോധിപ്പിക്കുന്നു അപ്പൊ അത് അവാച്യമാണെങ്കിലും ബോധിപ്പിക്കുന്ന ഒന്നാണ് ശബ്ദം വാച്യമായി ആത്മാവിനെ ബോധിപ്പിക്കുന്നില്ലെങ്കിലും ശബ്ദം അവാച്യമാണെങ്കിലും അതായത് അതുകൊണ്ട് ഈ സത്തിനെ പറയാൻ കഴിയില്ലെങ്കിലും അത് ബോധിപ്പിക്കുന്നു അതങ്ങനെ നടക്കും ഒന്നിനെ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുക അതിന് പറയുന്നു യഥാസ്വരാജിമാനം അദൃശ്യമാനി അപ്പ രാജനീഷ രാജ ദൃശ്യത്തിയോ തോസു രാജയി രാജവിശേഷനിരൂപണ പ്രത്യാഖ്യനി അന്യസ് അദൃശ്യമാനീ രാജ പ്രവരാജിക സേനകളുടെ നിര സേനകളെയെല്ലാം നല്ല രീതിയിൽ അണിനിരത്തി മാർച്ച് തയ്യച്ച് മാർച്ച് പാസ്റ്റ് മാർച്ച് തയ്ച്ച് കൊണ്ടുപോയി വേണം എങ്ങനെ സേനായം ഛത്ര ധ്വജ പതാകാതി യോഗ ദേവി ഒരാൾ ദൂരെയും നോക്കുകയാണ് അവിടെ സേനകളെ മാത്രമേ കാണാവുള്ളൂ പല പല ചതുരംഗ സേന രഥം പോകുന്നു കുതിര പോകുന്നു ആന പോകുന്നു പാലാള് പോകുന്നു അപ്പോൾ രാജാവിനെ കൊണ്ടുപോവുകയാണ് രാജാവിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ എന്ത് ഛത്രമുണ്ട് കുട പിടിച്ചിട്ടുണ്ട് ധജമുണ്ട് രാജ്യത്തിൻ്റെ ധജമുണ്ട് രാജ്യ പതാകകളുണ്ട് കുടിതോരണങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് എന്താണ് വ്യവഹിതേ ഇതെല്ലാം കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് അദൃശ്യമാനേ അപ്പോൾ ഈ അലങ്കാരങ്ങൾ കൊണ്ട് സേനാ വിന്യാസം കൊണ്ട് അതിൻ്റെ നടുത്ത് എവിടെയോ ഒരു രഥത്തിലിരുന്ന് പോകുന്ന രാജാവും മറിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഈ ശബ്ദജാലം കൊണ്ട് ഈ ആത്മതത്വം മറിഞ്ഞിരിക്കുകയാണ് ഈ ശ്രുതിയെ തന്നെ അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രുതി തന്നെ ആ സ്വയം ശബ്ദങ്ങളെ കൊണ്ടതിനെ മറക്കുകയും ചെയ്യണം അല്ലെ ഇത്രയും വലിയ ആർഭാടത്തോടുകൂടി പോകുന്നത് രാജാവന്തിന അങ്ങനെ പോകുന്നത് ഈ വരുന്നത് രാജാവാണെന്ന് ജനത്തെ ബോധിപ്പിക്കാനാണ് സാറിന് ഒരു അങ്ങനെ പോകാൻ പറ്റും ചതുരംഗ സൈന്യത്തോടുകൂടി കുടിയവർണങ്ങളോടുകൂടി ആർഭാടത്തോടു കൂടി പോകാൻ പറ്റത്തില്ല രാജാവ് അങ്ങ് പോകുന്നതിന്റെ ഉദ്ദേശം തന്നെ പ്രജ മനസ്സിലാക്കാൻ വേണ്ടിയാണിതാ രാജാവ് വരുന്നു പക്ഷെ രാജാവിനെ കാണാൻ പറ്റും രാജാവിനെ കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ കൊടി തോരണങ്ങളും മറ്റും കൊണ്ട് രാജാവിനെ പൊതിഞ്ഞിരിക്കുക പക്ഷേ ദൂരെ നിന്ന് ഈ ഘോഷയാത്ര കാണുന്നുവെന്ന് മനസ്സിലാക്കുക അത് രാജാവാണ് എന്നിട്ട് രാജാവല്ലാതെ മറ്റൊരുവൻ ഇത്തിരി ആർഭാടത്തോടെ ആഘോഷത്തോടെ വേറൊരാൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല അപ്പൊ ഏതെന്നാണോ രാജാവിനെ മറക്കുന്നത് അത് തന്നെ രാജാവിനെ ബോധിപ്പിക്കുന്നു മറക്കുന്ന കൂടെ ബോധിച്ചില്ലേ രാജാവ് റോഡ് ഒറ്റയ്ക്ക് നടന്നു എന്തെങ്കിലും പ്രയാസമുണ്ടോ അവർക്ക് മനസ്സിലാക്കാൻ വല്ല ബുദ്ധിമുട്ടുകളുണ്ടോ ഇതാ രാജാവ് ഇതങ്ങനെയല്ല ഇവിടെ ഈ സേനാപംക്തി രാജാവിനെ മറക്കുക പക്ഷെ അതേ സേനാ പങ്ക്തി എന്നെ ബോധിപ്പിക്കുന്നതാ രാജാവ് അതിനകത്തുണ്ട് രാജാവ് വരുന്നു തന്നെ പറയും പറയുന്ന സംശയം കാണൂ മന്ത്രി വരുന്നു എന്ന് സംശയിക്കും പിന്നെ രാജാവിനെ അങ്ങനെ വരാൻ പറ്റൂ മറ്റൊരാൾക്കത് സാധ്യമല്ല അന്യഥാ അനുഭത്തി മറ്റൊരാൾക്കും അങ്ങനെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് രാജാവ് വരും ഇതുപോലെയാണ് ഈ ശബ്ദവും പ്രവർത്തിക്കുന്നത് പറയുന്നു ഈ ശബ്ദങ്ങൾ ഇതിനെ മറയ്ക്കുന്നു എന്തുകൊണ്ട് മറയ്ക്കുന്നു കാരണം ശബ്ദത്തെതിനെ പ്രകാശിപ്പിക്കാൻ കഴിയും നാരദം പറയുന്നു മന്ത്രാർത്ഥവിത്ത് ഞാൻ മന്ത്രവിത്താണെന്ന് വെച്ചാൽ മന്ത്രാർത്ഥം എനിക്കറിയാം മന്ത്രത്തിനെ ഗ്രഹിച്ചു മന്ത്രത്തിലൂടെ അർത്ഥത്തെയും ഗ്രഹിച്ചു ആത്മതത്വം അവാച്യമാണ് സദ് അവാച്യം അഭി ഇവിടെ അതുകൊണ്ട് മന്ത്രാർത്ഥമായി തന്നെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു മന്ത്രത്തെ തന്നെ സ്വീകരിക്കുന്നു അല്ലേ ഒരു മനുഷ്യത്തിൽ നിന്നും വേറൊരു അതിൽ നിന്നും മറ്റൊന്നിനായിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ശബ്ദജാലത്തെ തന്നെ അനുസന്ധാനം ചെയ്യുന്നു ശബ്ദാർത്ഥത്തെ ഗ്രഹിക്കുന്നു അവിടെ നിന്നും ആത്മാവ് വെളിപ്പെടുന്നില്ല പറയുന്നു അത് തന്നെ പിന്നെന്തിനാ അത് ആവർത്തിക്കുന്നത് എന്തിനാ ഇതി തന്നെ വീണ്ടും തുടരുന്നത് ശ്രവണ മനനങ്ങൾ എന്തിനാ ആവർത്തിക്കുന്നു വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപ്പൊ അത് വെളിപ്പെടുന്നുണ്ടോ എന്നാ പിന്നെ എങ്ങനെ വെളിപ്പെടുന്നു എന്നാ കൊടുത്ത വർണ്ണങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തി അതുപോലെ ഒരിക്കലും രാജാവിന്റെ മറ മാറ്റി അത് വെളിപ്പെടുത്തുന്നില്ല കാരണം അത് സ്വയം മറയായിട്ട് തന്നെ നിൽക്കുന്നത് സ്വയം അത് മറയായിട്ട് തന്നെ നിൽക്കുന്നു വേദത്തിന് മറാവുന്ന ഒരു പേരുണ്ട് അത് പരമാർത്ഥ തന്നെ മറക്കുന്നതുമാണ് വേദം ബോധിപ്പിക്കുന്നതുമാണ് രണ്ടുമാണ് രണ്ടും ചെയ്യുന്നതിനു ശേഷം ഇവിടെ എന്തു ചെയ്യുന്നു എങ്ങനെ അത് ബോധിപ്പിക്കുന്നു അത് കണ്ടിട്ട് അതിന്റെ താത്പര്യം ഈ ആർഭാടങ്ങളെല്ലാം ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാകൂ എന്നിങ്ങനെ അതിൻ്റെ താല്പര്യത്തെ അതുപോലെ ശബ്ദം എന്ത് ചെയ്യുന്നു അതിൻ്റെ അർത്ഥമെന്നുള്ള ശബ്ദ താത്പര്യം എന്നുള്ളതാണ് ശബ്ദം ബോധിപ്പിക്കുന്നു ശബ്ദാർത്ഥത്തിൽ പരിധി നടന്നു കഴിഞ്ഞാൽ ശബ്ദാർത്ഥം ഇതിനെ മറച്ചുകള് ശബ്ദ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ശബ്ദ താല്പര്യമായി ഇതിനെ വെളിപ്പെടുത്തുന്നു അതിനൊരു രക്ഷണമെന്ന് പറയുന്നു അതാണ് അദൃശ്യമാനേബി രാജന്യേഷ രാജാദൃശ്യതീതി ഭവതി ശബ്ദപ്രയോഗ അവിടെ രാജാവിനെ ഗ്രഹിക്കുന്ന എങ്ങനെ ഗ്രഹിക്കുന്നവനെങ്ങനെ ഗ്രഹിക്കുന്നു ഇതാ രാജാവ് അവിടെ പറയുന്നത് ഇതാ രാജാവെന്ന് പറയണമെങ്കിൽ രാജാവ് ഒറ്റയ്ക്ക് നടന്നു പോകണം രാജാവിനെ കണ്ടിട്ട് വേണം അങ്ങനെ പറയണ്ടത് ഇത് രാജാവാണ് അഹം ബ്രഹ്മാസ്മി തത്തുമസി അവിടെ അങ്ങനെ പക്ഷേ ഇത് കണ്ടിട്ട് അവൻ പറയുന്നു ഇതാ രാജാവ് എന്ന് പറയുന്നു ഇതാ രാജാവ് എന്ന് പറഞ്ഞാൽ എന്താ രാജാവ് പ്രത്യക്ഷമാണെന്നാണ് രാജാവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണോ പറയുന്നത് നല്ലത് പക്ഷെ ഇതാ രാജാവ് എന്ന് പറഞ്ഞാൽ അവന് കാര്യം പിടിയിട്ടു രാജാവിലൂടെയുള്ള ശബ്ദം നേരിട്ട് രാജാവിനെ ബോധിപ്പിക്കുന്നില്ല ശബ്ദത്തിന് ശേഷിട്ടു പക്ഷേ ബോധം ഉണ്ടാവുന്നുണ്ട് ശബ്ദം ഇത് തന്നെ തീരുന്നു ഇത് മനസ്സിലായാൽ അത് മനസ്സിലാവും ശബ്ദവും ഇത്രേ ചെയ്യുന്നുള്ളു ഇത് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇത്രേ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു ശബ്ദത്തിന് ചെയ്യാൻ പറ്റത്തില്ല ഇതാ രാജാവെന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാജാവിനെ കാണൂ കാണത്തില്ല കണ്ണു തുറന്നാൽ കാണാമയാ ഒന്നിനാണ് ശബ്ദം ബോധിപ്പിക്കും ഇതാ രാജാവ് രാജാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായോ തീർച്ചയായും ഉണ്ടായോ എങ്ങനെ യാതൊരു തരത്തിലുള്ള സംശയവും അജ്ഞാനും വിപരിയും ഒന്നും കൂടാതെ ബോധിച്ചു രാജാവ് ആണ് ഇതിനെന്തു പറയുമോ പിന്നെ രാജാവിൻ്റെ പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റുമോ പറ്റത്തിന് എന്തുകൊണ്ട് നമ്മൾക്ക് പ്രത്യക്ഷമെന്ന് പറയണമെങ്കിൽ കണ്ണുകൊണ്ട് കാണും കണ്ണുകൊണ്ട് രാജാവിനെ കാണുന്നില്ലല്ലോ എന്തെങ്കിലും പ്രത്യക്ഷമെന്ന് പറയാൻ പറ്റും ശരി ഈ രാജാവിനെ അറിഞ്ഞെടുത്ത് എന്തെങ്കിലും സംശയമുണ്ടോ ഭ്രമമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മ ഉണ്ടോ ഇല്ല അപ്പൊ സംശയോ വിപര്യോ അജ്ഞാനമൊന്നും കൂടാതെ ഒരു കാര്യത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യക്ഷമൊന്നല്ലാതെ എന്താ പറയുന്നത് ആ പ്രത്യക്ഷം അപ്രത്യക്ഷമാണല്ലോ ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു അജ്ഞാനം പോലെയുള്ള എന്തെങ്കിലും ഒരു ദോഷം അവശേഷിക്കൂ അതൊട്ട് ശേഷി അവശേഷിക്കുന്നുമില്ല വ്യക്തമായി അത് ബോധ്യപ്പെടുന്നു കണ്ടുകൊണ്ട് കാണുന്ന പ്രത്യക്ഷം ആഗ്രഹിച്ചിട്ട് കാര്യം വല്ലതും പ്രത്യക്ഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പ്രത്യക്ഷം അതുകൊണ്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ രാജാവിനെക്കുറിച്ച് വ്യക്തമായും ഞാനും ഉണ്ടായി ഇതുകൊണ്ടാണ് ഇതിന് പ്രത്യക്ഷമൊന്നും പറയാതെ പലപ്പോഴും അപരോക്ഷം എന്ന് പറയുന്നത് അപരോക്ഷം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന പ്രത്യക്ഷം മാത്രമല്ല ശബ്ദത്തെ കേൾക്കുന്നു ശബ്ദം പ്രത്യക്ഷമാണ് രുചിയെ ഗ്രഹിക്കുന്നു രുചി പ്രത്യക്ഷമാണ് മണത്തെ ഗ്രഹിക്കുന്നു മണം പ്രത്യക്ഷമാണ് അവിടെയൊന്നും കണ്ണുപയോഗിക്കുന്നുണ്ടല്ലോ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു സുഖത്തെ ദുഃഖത്തെ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു അവിടെയും കണ്ണ് ചെവി മൂക്ക് നാക്കും ഒന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷെ അവിടെയും അനുഭവമുണ്ട് അത് മറ്റൊരു തരത്തിലുള്ളത് അതുപോലെ ഇവിടെയും ഒരു ഗ്രഹണമുണ്ട് ഇവിടെ രാജാവിനെ ഗ്രഹിച്ചു പിതാ രാജാവ് കണ്ണുകൊണ്ട് കാണാതെ ശിവ കൊണ്ടൊന്നും കേൾക്കാതെ രാജാവിനെ കുറിച്ച് ഗ്രഹിച്ചു അത് ഇവിടെ ഗ്രഹിച്ചു ആന്തരികമായ ഉള്ളിൽ ഗ്രഹിച്ചു അജ്ഞാനം പൂർണമാണോ തികച്ചും പൂർണമാണോ അന്യഥ അത് സംഭവമല്ല അതുകൊണ്ടത് പൂർണ്ണമാണ് ബോധ്യമുണ്ടായിതാ രാജാവ് ഇതുപോലെയാണ് ശബ്ദത്തിന്റെ താല്പര്യ രൂപത്തിൽ നമ്മുടെ ശബ്ദം എങ്ങനെയാണോ ഇത് രാജാവെന്നുള്ള ബോധത്തെ ഉള്ളിൽ ഉണ്ടാക്കിയത് നിശ്ചയാത്മകമായ ബോധത്തെ ഉണ്ടാക്കി അതുപോലെ ഈ സത് ശബ്ദത്തിന് അവാച്യമാണെങ്കിലും അവർ ബോധത്തിൽ ഉണ്ടാകും ഇവിടെ എന്താ പറഞ്ഞത് സദൈവ് സംമീതമഗ്രഹാസീത് സൃഷ്ടിക്കുന്ന സത്തായിരുന്നു അതിൽ നിന്നാണ് സൃഷ്ടിയെണ്ണം പ്രകടമായത് ആ സത്ത് സൃഷ്ടിയിലെല്ലാം അനുപ്രവേശം ചെയ്തു അത് ആ സത്താണ് നിന്നിലും അഹമസ്മി എന്നിങ്ങനെ ആ സത്താണ് ഈ ജഗതാത്മകമായിരിക്കുന്നത് ഇങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ബോധ്യം വരുന്നു ആന്തരികമായ എന്താണ് സത്ത് തന്നെയാണ് സർവം കലിതും ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ ബ്രഹ്മേവേദൻ സർവം ആത്മീയവേദം സർവം ഇങ്ങനെ ഒരു ബോധമുണ്ടാകും ഇത് രാജാവെന്നുള്ള ബോധം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് അവിടെ സംശയപിര്യാതി ദോഷങ്ങളെല്ലാം മാറിയത് അതുപോലെ ഈ ബോധത്തിലും ഇക്കാര്യത്തിലുള്ള സംശയപിര്യാദികളെല്ലാം അത് ശബ്ദം അതിൻ്റെ അർത്ഥം നിലയ്ക്കല്ല ശബ്ദം അതിന്റെ താല്പര്യം എന്നുള്ള നിലയ്ക്ക് ബോധമുണ്ടാവുന്നു ശരി അങ്ങനെ ഒരു ബോധം ഉണ്ടായ അതുവരെ ആ വിഷയത്തിലുണ്ടായിരുന്ന വിപര്യങ്ങളെല്ലാം ഇല്ലാതാകുന്നു അതില്ലാതായിത്തീരുന്നു ഈ ബോധം ഇത് ബാഹ്യമായി രാജാവിനെ സംബന്ധിച്ചിട്ടാണ് ബാഹ്യമായ രാജാവിനെ സംബന്ധിച്ച് ഇത് രാജാവിൻ ബോധമുണ്ടായാൽ രാജാവിന്റെ ശത്രുവാണെങ്കിൽ രാജാവിനെ കൊല്ലണമെന്ന് രാജാവിൻ്റെ ഭക്തനാണെങ്കിൽ രാജാവിനെ സമീപിച്ചെന്തെങ്കിലും നേരിടണമെന്ന് അവിടെ അവന് വീണ്ടും പറഞ്ഞ ശേഷിക്കും ചെയ്യാനും പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ബോധിപ്പിക്കുന്ന എന്താണ് സ്വസ്വരൂപമായിട്ട് ബോധിക്കുന്നത് നീ അതാണെന്ന് ബോധിപ്പിക്കണം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു സ്വസ്വരൂപത്തെ സർവാത്മകമായി ബോധിപ്പിക്കുന്നു അവിടെ ആ ബോധത്തിൽ പിന്നെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒന്നും ഒന്നുമില്ല അധ്യേഷ്ഠിനകാംക്ഷത അവിടെ കൃതകൃത്യത അനുഭവപ്പെടുന്നു അതെന്തുകൊണ്ട് അത് സ്വരൂപമായതുകൊണ്ട് അത് വേറെടുത്തും ആ അനുഭവം ഉണ്ടാവുന്നു അറിവ് അതിന് പൂർണ്ണതയുണ്ടാവുന്നു ന്യൂനതകളൊന്നും ശേഷിക്കുന്നില്ല ന്യൂനതകൾ ശേഷിച്ചാൽ കർത്തവ്യാകർത്തവ്യ വികാരങ്ങൾ വരും ധർമാധർമ്മ വരും ബന്ധമോക്ഷ വികാരം വരും വിചാരങ്ങൾ വരുന്നില്ല കൃതകൃത്യത മാത്രം ശേഷിക്കുന്നു അതാണ് അതിൻ്റെ ഫലം അത് ഇതുപോലെയാണെന്ന് പറയുകയാണ് ആ നിശ്ചയം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ല ഇതിനാണ് അപരോക്ഷം പറയുന്നത് അപരോക്ഷനിശ്ചയം അത് ഈ ഉദാഹരണത്തിലൂടെ വളരെ വ്യക്തമാണ് ഇത് ഭഗവതി ശബ്ദപ്രയോക്തത്ര പോസ് രാജവിശേഷ നിരുപുണായ ദൃശ്യമാന ഇതരപ്രത്യാഖ്യാനെ അന്യസ്മിൻ അദൃശ്യമാനേബി രാജനീ രാജപ്രതീതിർഭവേ ാണ് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ വയ്യെങ്കിലും രാജാവിനെ കുടിയത് വർണ്ണങ്ങൾ കൊണ്ട് അവിടെ മൂടിയിരിക്കുകയാണ് അത് പ്രത്യക്ഷയോഗ്യമേ അല്ല കാണാൻ ഒക്കത്തില്ല അതെല്ലാം നീക്കി നോക്കിയു അത് സാധ്യവുമല്ല ചുറ്റും സേനയാണ് ഒരാള് മേളിലൊരു കുന്നിൻ്റെ മേള ഇന്നും കൊണ്ട് എന്ന് വിചാരിച്ചു പക്ഷേ ഇത് അദൃശ്യമാനവി പറയുന്നു ദൃശ്യമാന ഇതര പ്രത്യാഖ്യാന ആ കാണുന്ന കുടിതോരണങ്ങൾ അവിടെ മനസ്സുകൊണ്ട് പറയും ഇതിൻ്റെ എല്ലാം അപ്പുറം ഇതിൻ്റെയെല്ലാം ഉള്ളിലായി ഒരു രഥത്തിൽ അവിടെ രാജാവിരിക്കുന്നു എന്തൊക്കെയാണോ അവിടെ പ്രതികരിക്കും വിഷയമായിരിക്കുന്നത് അതിനെന്തായാണ് നിഷേധിക്കുന്നു പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം പ്രപഞ്ചമായി എന്നുവെച്ചാൽ വിസ്താരമായി അനുഭവം പ്രപഞ്ചം എന്ന് വെച്ചാൽ വിസ്താരം വലുതാണ് പ്രപഞ്ചം അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിസ്താരത്തെ അനുഭവിക്കുന്നതാണ് നാമരൂപാത്മകത്തെ ആണ് ഇവിടെ അനുഭവ വിഷയമായിരിക്കുന്നത് ഈ നാമരൂപാത്മകതയിൽ ഈ പ്രതീതിക്ക് വിഷയമായിരിക്കുന്നത് എന്താണ് ഈ നാമരൂപാത്മകമാണ് ഈ നാമരൂപാത്മകം എന്താണ് അത് സദേവ അപ്പോൾ ഈ പ്രപഞ്ച പ്രതീതിയെ നിരാകരിക്കുന്നു അതാണ് പറയുന്നത് മിഥ്യത് സത്തായാണ് അനുഭവപ്പെടേണ്ടത് മറിച്ച് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നു നാമരൂപങ്ങളെ കുറിച്ചുള്ള സങ്കല്പം എന്താണ് അതൊക്കെ ഉണ്ടായി നശിക്കുന്നതാണ് എന്നുവെച്ചാൽ മിഥ്യ സ്ഥായി അല്ല അതാണ് അനുഭവം പറഞ്ഞല്ലോ നിധ്യ എന്ന് പറയുന്നത് അജ്ഞന്റെ അനുഭവമാണ് വിദ്വാന്റെ അനുഭവം ഉണ്ട് അജ്ഞലറിയാം ഇതൊന്നും ഹായിയല്ല ഇതൊക്കെ ഉണ്ടായി നശിക്കുന്നതാണ് എന്നറിയാം ഈ അനുഭവത്തിൽ ഉറപ്പിക്കുന്ന ഒന്നാണ് ഇതെല്ലാം അസത്തിലാണ് എന്തുകൊണ്ട് സത്തിലാണിതെല്ലാം പ്രകടമാകുന്നത് ഏതോ അയമാനി ഭൂതാനുജന്തി ജാതാനു ജീവന്തി എല്ലാ സത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സത്തെന്നുള്ള ബോധം കൂടാതെ ഇതിന് നാമരൂപാത്മമായി മാത്രം കേവലം ഉണ്ടായി നശിക്കുന്നതായി കാണുന്ന തന്റെ ഈ ബോധം ഇത് മിഥ്യാബോധമാണ് ഈ ബോധത്തിന് വിഷയമായി പ്രതീതി മിഥ്യയാണ് മറിച്ചെന്താണ് ഇത് സത്യമാണ് ാണ് പറയുന്നത് ദൃശ്യമാനമായിരിക്കുന്നത് എന്താണോ എന്താ എന്താണോ ഇപ്പോ തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്നത് അതിന് നിഷേധിക്കുന്നു ബുദ്ധിയുണ്ട് ഗ്രഹിക്കുന്നതിന് ബുദ്ധിയുണ്ട് നിഷേധിക്കും ബുദ്ധി കൊണ്ടാണല്ലോ ഗ്രഹിക്കുന്നു നിഷേധിക്കുന്നതും ബുദ്ധി കൊണ്ടാണോ നിഷേധിച്ചാൽ പിന്നീട് എന്താ ശേഷിക്കുന്നത് സദാത്മകം രണ്ടാമതാണ് അത് വരുന്നത് കാരണം ആദ്യം അനുഭവപ്പെടുന്നെന്താണ് പ്രപഞ്ച പ്രതീതി ആ പ്രതീതിയെ നിഷേധിക്കുമ്പോൾ പിന്നെന്താണ് അനുഭവപ്പെടുന്നത് സദാത്മകം എന്ന് പറയും അദ്വൈതസിദ്ദേഹമിഥ്യാത്വസിദ്ധിപൂർവത്വ ദ്വൈത മിഥ്യാത്വസിദ്ധിയിലൂടെയാണ് അദ്വൈത സിദ്ധിക്കുന്നത് ഇവിടെ പറയുന്നെന്താണ് ദൃശ്യമാന ഇതര പ്രത്യാഖ്യാനെ ദൃശ്യമായിരിക്കുന്നതിനെല്ലാം നിഷേധിക്കുന്നു അത് നിഷേധിക്കുന്നത് എങ്ങനെ നിഷേധിക്കുന്നു ഈ കാണുന്നതൊന്നും ഈ കാണുന്ന തരത്തിലല്ല അങ്ങനെയാണ് നിഷേധിക്കുന്നത് കണ്ണക്കുറിച്ച് തന്നെ ധരിക്കുന്നതാണ് താനല്ലെ ധരിച്ചിരിക്കുന്നത് ഈ ശരീരമായി ഈ ശരീരസംഘാതമായിട്ടും ഇതിങ്ങനെയല്ല എന്നാണ് ഇത് അനുഭവപ്പെടുന്ന രീതിയിലല്ല ഇതിന്റെ വാസ്തവം ഇതിന്റെ ഉണ്മ ഇതല്ല എന്ന് ധരിക്കുന്നു അതാണ് മിഥ്യയും സത്യവും തമ്മിലുള്ള അന്തരം അത്രയും വളരെ സൂക്ഷ്മമാണ് കാരണം ഒന്ന് തന്നെയാണ് രണ്ടായും ഇരിക്കുന്നത് സത്യമായും മിഥ്യയായും ഇരിക്കുന്ന ഒന്ന് തന്നെ അപ്പം എത്ര ദൂരം വരും അതാണ് ഇവിടെ വിശദമാക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യമാന ഇതിര പ്രഖ്യാഖ്യാ അവിടെ ഒരു നിഷേധം സംഭവിക്കുന്നുണ്ട് അതാണ് ചുരു പറയുന്നത് നിരാശാർത്ഥത്വം അത് അപോഹാർത്ഥത്വം അത് ഭാഷ്യകാരം പറയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ജ്ഞാനത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു ജ്ഞാനത്തിന്റെ പ്രയോജനം ഇതിനാണ് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്യസ്മിൻ അദൃശ്യമാനേ വിരാജനി കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ആത്മാവിന് ബ്രഹ്മത്തെ സ്വസ്വരൂപത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രത്യക്ഷമാക്കാൻ കഴിയുന്നില്ല അതൊക്കെ സാധിക്കത്ത കാരണം പ്രത്യക്ഷ പ്രത്യക്ഷം നമുക്ക് പരിചയമായിരിക്കുന്നത് ഇന്ദ്രിയ വേദ്യമായ പ്രത്യക്ഷമാണ് അല്ലെങ്കിൽ മനസ്സിന് വേദ്യമായ പ്രത്യക്ഷമാണ് അതെല്ലാവരും പ്രത്യക്ഷം നോക്കി പരിചയം അതുപോലെ ആയിത്തീരണം ഈ ബ്രഹ്മവും നമുക്കെന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ് അദർശ്യമാനേ പി അത് അത് പരോക്ഷമായി തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് ചെറിയൊരു നീ സാക്ഷാത് അപരോക്ഷ അപരോക്ഷമാണതാണ് എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അപരോക്ഷത അതില്ലാത്തതുകൊണ്ട് നമുക്കത് പരോക്ഷമായി തന്നെ ഇരിക്കുന്നു അത് അദൃശ്യമാണെങ്കിലും രാജനി രാജപ്രതീതിർഭവേ അവിടെ കാണുന്നവൻ ബോധമുണ്ടാകുന്നു രാജാവിനെ സംബന്ധിച്ച് രാജവിഷയകമായ രാജപ്രതീതി ഇതാ അഹം ബ്രഹ്മാസ്മി സത് തോമസി ബ്രഹ്മേദം സർവം ഇങ്ങനെ ആ ബോധമുണ്ടാകുന്നു ഇവിടെ പറയുന്നു ഈ വൻഷത്തെല്ലാം വേദങ്ങളെല്ലാം അധ്യയനം ചെയ്തു മന്ത്രം അർത്ഥ സേത ഗ്രഹിച്ചു ഗ്രഹിച്ചാൽ അവിടെ വരുന്ന പോരാമി എന്താണ് ഇവിടെ ഇതര പ്രത്യാഖ്യാനി ഈ പ്രപഞ്ചപ്രതീതിയെ അതാണോ അനുഭവ വിഷയമായിരിക്കുന്നു അല്ലെങ്കിൽ താൻ ധരിച്ച ശബ്ദാർത്ഥത്തെ ആ ശബ്ദാർത്ഥത്തിൽ അതിനപ്പുറം ധരിക്കേണ്ടതിന് ശബ്ദത്തിന്റെ അർത്ഥമായിട്ടുള്ള ശബ്ദത്തിന്റെ താത്പര്യമായി ഗ്രഹിക്കേണ്ടതിനെ അവിടെ ഗ്രഹിക്കുന്നില്ല മനസ്സ് ശബ്ദാർത്ഥത്തിന്റെ തലത്തിൽ നിൽക്കുന്നു അതുകൊണ്ടെന്താ ദോഷം അത് ആത്മബോധമുണ്ട അതുകൊണ്ടെല്ലാ ദിവസവും അവിടെ കൃതകൃത്യത അനുഭവപ്പെടുന്നില്ല വീണ്ടും കർത്തവ്യാകർത്തവ്യ വികാരങ്ങൾ വരുന്നു വിചാരം വരുന്നു അതനുസരിച്ച് പ്രവൃത്തി വരുന്നു പ്രവൃത്തി വിധി നിഷേധങ്ങളുടെ ആചരണം വരുന്നു പുണ്യപാപങ്ങൾ വരുന്നു ദുഃഖം വരുന്നു പറയുന്നു നാരദൻ പറയുന്നു ശിവസ്വാമി ഞാൻ ദുഃഖിക്കുന്നു അപ്പോൾ ഇനി അവിടെ കുറുക്കെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് നാരദൻ ഞാനിയല്ലേ നാരദന ഇങ്ങനെയൊക്കെ പറയും കുറഞ്ഞ വാർഷികാലിപ്പോ ഇതിലൊരു കഥയായിട്ട് എടുക്കരുത് ഒരു സംഭവമായിട്ടെടുക്കരുത് അത് തത്വത്തെ പ്രതിപാദനം ചെയ്യുന്നതിനുള്ള കേവലം ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് മാത്രം എടുത്താവൂ രജ എന്ന് പറയുന്നത് പോലെയുള്ളൂ എനിക്ക് അതിൽ കഴിഞ്ഞു നാരദനും സനത് കുമാരനുമെല്ലാം ഇവിടെ വന്നിട്ട് അവരെ കൊണ്ടുവന്ന് അവരുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കരുത് ഇവിടെ മാത്രമല്ല ഒരു കഥയിൽ അങ്ങനെ എടുത്താൽ ശരിയാകത്തില്ല എടുത്തുകഴിഞ്ഞാൽ വേദത്തിൽ ഇതിനുശേഷമുള്ള ഭാഗമൊന്നും നാരദൻ പഠിച്ചിട്ടില്ല എന്നൊരു അപ്പം നാരദൻ എങ്ങനെ മുഴുവൻ വേദവും പഠിച്ചു എന്നുള്ള ചോദ്യം വരും ഉത്തരം കിട്ടാത്ത ചോദ്യം അപ്പം വേറെ വേദമാണെന്നൂടെ തൽക്കാലത്ത് ഉണ്ടാക്കിയ ഒരു വേദമാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിനത് കഥയായിട്ടെടുക്കരു ഇവിടെ നാരദൻ എന്ന് പറയുമ്പോൾ ഒരു ആത്മജിജ്ഞാസു സനത് കുമാരൻ എന്ന് പറയുമ്പോൾ ആ തത്വത്തെ ഒരു ജിജ്ഞാസുവിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ആണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആണ് ആ തത്വ ബോധത്തിൽ വരുന്ന മനുഷ്യനാണ് ആ തത്വബോധത്തിന്റെ സ്വരൂപം എന്താണ് അതിൽ അവിടെ പറയുന്ന വിജ്ഞാനം അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ശുത്വ മത്വ വിജ്ഞായ നിശ്ചയം വരുന്നു അത് ഇതൊരു പ്രത്യാഖ്യാനവിടുത്തെ മുഖ്യമായ കാര്യം നേതി അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ദശ്യപ്രപഞ്ചത്തെ മാത്രം പോലെ നാമരൂപങ്ങൾ നിഷേധിച്ചപ്പോൾ അതിനേക്കാൾ പ്രധാനമായും നിഷേധിക്കേണ്ടത് തന്റെ ശബ്ദാർത്ഥ പ്രതീതിയത്തെ തന്റെ തന്നെ അർത്ഥകൽപ്പനകളെ തന്നെ നിഷേധിക്കും അതാണ് മുഖ്യം ആത്മബോധത്തെ സംബന്ധിച്ച് മോക്ഷത്തെ സംബന്ധിച്ചുള്ള തൻ്റെ കൽപ്പനകൾ അതൊക്കെ ഇവിടുന്ന് വന്നു ശബ്ദാർത്ഥ ജ്ഞാനം കൊണ്ടുവന്നു മന്ത്രവിദ് ആയതുകൊണ്ട് വന്നതാണ് അതിനെ തന്നെ ശുദ്ധമാക്കണം അതിനുവേണ്ടി പറയുകയാണ് തസ്മസോഹം മന്ത്രവിദ് അവസാനം എന്ത് സംഭവിച്ചു പറയുന്നു ഞാൻ വേദം മുഴുവൻ പഠിച്ചു ശബ്ദാർത്ഥം ഞാനും ഉണ്ടായി എനിക്ക് വേറെ ഒന്നും ഇതിലൊന്നും ചെയ്യാനില്ല കാരണം ഇതിന്റെ താല്പര്യം മനസ്സിലാക്കില്ല സദസ്മി എന്നുള്ള താല്പര്യം മനസ്സിലായില്ല ശബ്ദാർത്ഥത്തെ ഗ്രഹിച്ചപ്പോൾ ശബ്ദം മുഴുവൻ പറയുന്ന എന്തിനെ കുറിച്ചാണോ കർമ്മത്തെക്കുറിച്ച് ഉപാസനകളെക്കുറിച്ചും വ്യവഹാരത്തെക്കുറിച്ചോ അതുകൊണ്ട് വ്യവഹാരത്തിന് പ്രാമാണ്യം കല്പിച്ച് ഞാൻ ആ വ്യവഹാരത്തിൽ തന്നെ നിൽക്കുന്നു തത്വനിഷ്ഠയില അതുകൊണ്ട് കൃതകൃത്യത അനുഭവിക്കുന്നില്ല മന്ത്രവി കർമ്മവിദേവ അസ്മി മന്ത്രാർത്ഥത്തെ മാത്രം അറിയുന്നതിനാകുന്നു കർമ്മകാര്യൻ്റെ സർവികസ്മി അതുകൊണ്ടാണല്ലോ ഓരോ ശാസ്ത്രത്തിൽ നിന്നും വേറൊരു ശാസ്ത്രത്തിലേക്ക് പോയി ഓരോന്ന് ഓരോന്നും ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ആത്മജ്ഞാനത്തിന് ഉപയോഗമുള്ളതിനെ മാത്രം ഗ്രഹിച്ചാൽ മതി ബാക്കിയുള്ളതിനെ വിടുന്നു അനാത്മശാസ്ത്രത്തെ അധ്യയനം ചെയ്തിട്ടൊരു കാര്യമില്ല ആത്മബോധത്തിന് അത് ഉപകരിക്കുന്നെങ്കിൽ പിന്നെ അതെന്തിനും ആത്മബോധത്തിന് ഉപകരിക്കുന്നെങ്കിൽ ഏതിനേയും സ്വീകരിക്കാം ഇതെന്താണ് കർമ്മകാര്യൻ്റെ സർവീ വികാര ബാക്കി സർവീകർമ്മകാര്യമാണ് ഇത് വികാരജ്ഞാസം ഞാൻ വികാരജ്ഞനാകുന്നു എന്ന് വച്ചാൽ നാം രൂപാത്മകമായതിനെ അറിയുന്നു ഞാൻ ആത്മവിത്ത് അല്ല എൻ്റെ സ്വസ്വരൂപത്തെ അറിയുന്നില്ല സർവശാസ്ത്രജ്ഞ അറിഞ്ഞിട്ടും സ്വരൂപത്തെ അറിയുന്നില്ല അത് പറയുന്നു ആത്മപ്രകൃതി സ്വരൂപജ്ഞയിറ്റ് ആത്മപ്രകൃതി തന്റെ വാസ്തവ പ്രകൃതി തന്റെ യാഥാത്മ്യം അതെന്താണ് തന്റെ സ്വരൂപം തന്നെയാണ് അതിനറിയുന്നില്ല ആ സ്വരൂപം തന്നെയാണ് പ്രപഞ്ചത്തിന്റെയും യാഥാത്മ്യം അത് തന്നെയാണ് സ്വരൂപം അതിനെ അറിയുന്നില്ല ഈ അതുകൊണ്ടാണ് നാരദം പറയുന്നത് ഞാൻ ദുഃഖിക്കുന്നു ഇത്രയെല്ലാം അറിഞ്ഞ് ശാസ്ത്രജ്ഞാനെല്ലാം ഉണ്ടായി എല്ലാ സുദ്ധിവിശേഷവും ഉണ്ടായി എല്ലാ തരത്തിലുള്ള അംഗീകാരവും ലോക ബഹുമതിയും പൂജകത്വവും എല്ലാം ഒരുവൻ നേടിയാലും ശരി ലോകത്തിനു മുമ്പിൽ ഒരാൾ എത്ര ഉയർന്ന നിലയിൽ എത്ര ശ്രേഷ്ഠനായാലും ശരി ലോകത്തിനു മുമ്പിൽ കാണുന്നവിടമാണ് ഇനി എത്ര വലിയ മഹാത്മാവായാലും ശരി ഉള്ളിൽ ഒരു ദുഃഖം കാണും അത് അയാൾക്ക് മാത്രം അറിയാവുന്ന ദുഃഖം എന്താണ് ആത്മ ബോധമില്ലാത്തതിന്റെ ദുഃഖം ഇതാണെങ്കിൽ ഇത്രയും യോഗ്യനായ ഒരാളെ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു നാരദനെന്ന് പറയുന്നത് സർവ്വരാലും പൂജിതനായ അങ്ങനെ ഒരാളുടെ കൂടെ കാണിക്കുന്നത് ഇത്രയും പേരുള്ള ഒരാളെ സർവരും ആദരിച്ചല്ലേ ബോധവിദ്യ നക്ഷത്ര വിദ്യ മറ്റ് വിദ്യ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യം അറിയാവുന്ന ഒരാളാണ് നാനാത്വത്തിന്റെ രഹസ്യം ആത്മരൂപത്തിലല്ല നാനാത്വരൂപത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരാൾ സർവ പൂജ്യനായിത്തരും ഒരു സംശയം അങ്ങനെ ആയാലും ഇവർ പോരായ എന്തോ ഒരു കുറവ് അതിൻ്റെ പേരിൽ ആന്തരികമായൊരു ദുഃഖം അത് നിലനിൽക്കുന്നതാണ് അത അത് ആത്മബോധം കൊണ്ടല്ലാതെ മറ്റൊരു സിദ്ധിവിശേഷം കൊണ്ടും ആ ദുഃഖത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല അത് വിജ്ഞായ അത് ആ ദുഃഖത്തെ പരിഹരിക്കുന്നാണ് വിജ്ഞ അധ സത്സമ്പത്തി പിന്നെ ദുഃഖരഹിതമായ ജീവിതം എന്തിനു വേണ്ടി സത്സമ്പത്തിക്ക് വേണ്ടി അതുകൂടെ പറയുന്ന ഭക്ഷ്യത്തിന്റെ താല്പര്യം